ഇന്ത്യയിൽ ഒരാൾക്ക് പോലും സ്വകാര്യ സ്വന്തമില്ല നിങ്ങൾ എല്ലാവരും താമസിക്കുന്നതിന്റെ പഴയ റെക്കോർഡ് എടുത്താൽ മുഴുവൻ താമസിക്കുന്ന ഭണ്ഡാരം പാട്ടപ്പാടില്ല രാജാവ് ഉൾപ്പെട്ട രാജാവിന് പോലും സ്വന്തമായി സ്വന്തം ഇല്ല ഏത് രാജ്യമെടുത്താൽ ഇന്ത്യയുടെ ഏത് നാട്ടുരാജ്യം എടുത്താലും ഏത് രാജ്യം ആ രാജ്യത്തെ ഭരിക്കുന്നത് ഒരു ദേവതയാണ് ദേവതയുടെ ഇരിപ്പിടത്തിന് മാത്രമേ കോട്ടയുള്ളൂ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് കോട്ടയില്ല സ്വത്ത് രാജാക്കന്മാർക്ക് സൂക്ഷിക്കാൻ പോലും അവകാശമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിലെല്ലാം ഈ ക്ഷേത്രം ഒതുക്കിപ്പണിയാൻ കമ്മിറ്റിക്കാർക്ക് കൂടുതൽ ഉത്തേജനം ഉണ്ടാകുന്നത് അതിൻ്റെ നിലവറ തറയിൽ ഒരുപാട് സ്വത്തുണ്ട് പൊളിച്ചിട്ടില്ലാത്തവരുണ്ട് ഒന്ന് പൊളിച്ചാൽ ഒൻപത് ക്ഷേത്രം പണിയാനുള്ള കാശുണ്ടാവും പിരിച്ച് വേറെ പണിയുകയും ചെയ്യാം ഇത് അടിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയും ചെയ്യാം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ആണ് ഇത് ആരാധനാലയങ്ങളായിരുന്നു ഇത് ആരാധനാലയങ്ങളല്ല ഖജാനകളാണ് ഭണ്ഡാരമാണ് ഭണ്ഡാരം എന്ന പദത്തിനർത്ഥം ഖജാന എന്നാണ് അവിടെ നിങ്ങൾ കയറി തൊഴാത്തത് എന്നാണ് പണ്ട് പറയുക എന്ന് പറഞ്ഞാൽ ഖജാന അതിനകത്ത് ആർക്കും കയറി ഈ തുഴണ്ട കാര്യമുള്ള സ്ഥലമല്ല സമറ്റിക് മതങ്ങളുടെ ആവിർഭാവത്തിന് മുമ്പ് ഈ ആരാധനാ സമ്പ്രദായം ഇന്ത്യയിലില്ല നിങ്ങൾ മതം ലക്ഷണമായി ക്ഷേത്രത്തിൽ പോക്കും ബഹളമല്ല വഴിപാടും മാനസികമായി മതം ഒരു സമൂഹത്തിന്റെ ലക്ഷ്യ ലക്ഷണങ്ങളാണ് പൗരോഹിത്യവും വികാസവും പരിണാമവും ഒക്കെ ഇന്ത്യയുടെ ക്ഷേത്ര ആരാധന രഹസ്യങ്ങൾ എടുത്ത് പഠിക്കുമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശനമില്ല മുപ്പത്തേഴിന് ശേഷമേ എല്ലാവരും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുള്ളൂ ഞാൻ നല്ലതും ചിത്തിയെന്നും പറഞ്ഞില്ല ഞാനൊരു സ്ഥിതി വിവരം പറയുകയാണ് ഇത് പഠിക്കുമ്പോൾ നോക്ക് ആദ്യം പറഞ്ഞൊരു വാചകം ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ കൂടപ്പുറപ്പാണ് രോഗങ്ങൾ സ്വകാര്യ സ്വത്തിൻ്റെ കൂടപ്പുരപ്പാണ് രോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗം അതൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പം മനസ്സിലാക്കും എൻ്റെ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് തോന്നിയതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വേണ്ട കാരണം ഇന്ത്യയിലെ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല ഈശാവാസിയ നിഗം എന്നത് ഇന്ത്യയിലെ ജീവിതമാർഗമായിരുന്നു ഇന്ന് ഞങ്ങൾ സാമന്മാരുടെയൊക്കെ പ്രസംഗത്തിലെ മാർഗമാണ് ഞങ്ങൾ പോലും സ്വകാര്യ സ്വത്തിൽ ജീവിക്കുന്നവരാണ് സ്വകാര്യ സ്വത്ത് ഇല്ല രാജാവർ താമസിക്കുന്നത് പോലും ഭണ്ഡാരം രാജ കൊട്ടാരങ്ങൾക്കൊന്നും കോട്ടകളോ കൊട്ടകത്തുളങ്ങളോ ഇല്ല നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാലും ഇപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കി കോട്ടയെത്തി കൊച്ചി രാജാവിനും തിരുവിതാംകൂർ മഹാരാജാവിനും ഒക്കെ അല്ലാതെ അവരുടെ കൊട്ടാരങ്ങൾക്കൊന്നും കോട്ടയുണ്ടായിരുന്നില്ല ഏത് കൊട്ടാരം നിങ്ങളെടുത്താലും എല്ലാ സ്ഥലത്തും ക്ഷേത്രത്തിന് കോട്ടയുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കോട്ടയെ വെച്ചിട്ടാണ് കോട്ടയ്ക്കകം എന്ന് പറയുന്നത് കൊട്ടാരത്തിന്റെ കോട്ടയെ വെച്ചല്ല മനസ്സിലായില്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് പൊളിച്ചു പണിതാൽ ഒരുപക്ഷെ ഇതിപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതിന് കമ്മറ്റിയെ നിയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പൊളിച്ചു കഴിയുമ്പോഴേക്ക് ഒരു അൻപതിനായിരം കോടീശ്വരന്മാർ പ്രത്യക്ഷപ്പെടാൻ മാത്രം സ്വത്ത് അതിനകത്തുണ്ടാവും നിങ്ങളുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു പണിയാൻ കമ്മിറ്റിക്കാർ ആക്കം കൂട്ടുന്നതും ജ്യോതിഷ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിലവറ പറയിൽ ഇഷ്ടംപോലെ സ്വത്താണ് കിടക്കുന്നത് പൊളിച്ചിട്ട് പണിയാനുള്ളത് നിങ്ങളോട് പിരിക്കാം പൊളിക്കുമ്പോൾ കിട്ടുന്ന സാധനം വീട്ടിൽ കൊണ്ടുപോകാം അതുകൊണ്ടാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് എല്ലാവർക്കും വലിയ താല്പര്യം കൂടുന്നത് അപ്പോൾ കല്ല് മാറ്റി സിമെന്റുവാക്കാം ഇതാണ് വസ്തുത കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ മാത്രം ചെന്ന സമൂതിരി പൊളിച്ചിടത്തുനിന്ന് കിട്ടിയ രത്നങ്ങളും സാധനങ്ങളും ഇട്ടിട്ട് മാത്രമേ ഞാൻ പ്രതിഷ്ഠിക്കൂ വാശി പിടിച്ചിട്ടുണ്ട് അത് തമ്മിലുള്ള ഗുസ്തി കൂടിയതുകൊണ്ടാണ് ഒരു ചരിത്ര പശ്ചാത്തലത്തിലുള്ളതുമാണ് അപ്പോ എനിക്ക് സ്വന്തമായിട്ട് സ്വത്തുണ്ടാവുമ്പോൾ എനിക്ക് ഹിംസയ്ക്ക് താല്പര്യം കൂടും സ്വന്തമായി സ്ഥലമില്ലാത്തവന് ഹിംസയ്ക്ക് താല്പര്യം കുറയും സ്വകാര്യ സ്വത്ത് അനുവദിച്ചാൽ സ്ത്രേയം ഉണ്ടാവും കക്കാനുള്ള പ്രവണതയുണ്ടാവും സ്വകാര്യ സ്വത്ത് അനുവദിച്ചാൽ അന്യധാകാമം കൂടും ലൈംഗിക ദുരാചാരങ്ങൾ സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത സമൂഹങ്ങളിൽ ലൈംഗിക ദുരാചാരങ്ങൾ കുറയും തൊഴിലാളി വർഗങ്ങളുടെ ഇടയിൽ സ്ത്രീ പുരുഷ ഗന്ധങ്ങൾ അയർത്ത ലളിതവും അരിഞ്ഞതുമാണെങ്കിലും ക്ലർച്ചിയിൽ മൊറയിൽ വളരെ നീക്കാണ് ഇതൊക്കെ നിങ്ങൾക്ക് അതുപോലെ വീഴുന്ന പ്രയാസം മൂന്ന് ശാരീരിക ഭാവങ്ങളാണ് ഹിംസാ സ്തേയം അന്യഥാ ഉന്നത സമൂഹത്തിലാണ് സ്തേയം കൂടുക മറ്റത് കഴി കഞ്ഞി പിടിക്കാനുണ്ടെങ്കിൽ അയൽപക്കാരൻ്റെ ഒരു കൊലകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളവ് സാരമുള്ളതല്ല മറിച്ചത് എങ്ങനെ സമർത്ഥമായി മറ്റവനെ പറ്റിക്കാം എന്നുള്ളത് ഗവേഷണ ഉത്സുഖതയോടെ പഠിക്കുന്നത് അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയുടെയും ക്യാപിറ്റലിസത്തിന്റെയും പങ്കാളാണ് ക്യാപിറ്റലിസം ഉൽപാദന പ്രക്രിയയെക്കാൾ കൊമേഴ്സിന് ബിസിനസ് ഓർഗനൈസേഷന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതെങ്ങനെയാകാം നടത്തേണ്ടത് എന്ന തീരുമാനമാവരുത് ഒരു ഡോക്ടർ ഒരു ആശുപത്രി നടത്തിയാൽ ഒരു കാലത്തും ലാഭകരമായി ഓടുകയെന്ന് മാത്രമല്ല ഡോക്ടർ കുത്തുവാൾ എടുക്കുന്നു കേരളത്തിൽ ഏത് ഡോക്ടർമാർ നടത്തുന്ന സ്ഥാപനവും ഉദാഹരണമായിട്ട് പഠിച്ചു നോക്കാം മരിച്ചൊരു അക്കാരി കോൺട്രാക്ടർ ഒരു ഹോസ്പിറ്റൽ നടത്തിയാൽ ഒരിക്കലും നഷ്ടത്തിൽ ഓടുകല്ല എം ബി മാനേജ്മെന്റ് കഴിഞ്ഞ് വന്ന് ഒരാൾ നടത്തുകയാണെങ്കിൽ അത് നഷ്ടത്തിലോടുകില്ല കാരണം അതിന് മാനേജ്മെന്റ് ടെക്നിക്സ് അറിയാം അവിടെ ചികിത്സ പ്രയോജനപ്പെടണമെന്ന് നിർബന്ധമില്ല ജനങ്ങൾ വരാൻ ഒരു ഡോക്ടർ ഉള്ളതൊരു മൂലയിലിരുന്ന് ഒരു ചെറിയ ഹോസ്പിറ്റലും വെച്ച് കൂടെ ഒരു സഹപ്രവർത്തകനെയും വെച്ച് നടത്തിയാൽ രണ്ടുപേരും പട്ടിണി അടക്കേണ്ടി വരികയും രോഗികളധികം ഇല്ലാതിരിക്കുകയും ചെയ്യും മുഴുവൻ പേർക്കും റിസൾട്ട് എത്ര റിസൾട്ട് ഉണ്ടായാലും ജനങ്ങൾ അങ്ങനെ ഉള്ളത് പോകാൻ ഇഷ്ടപ്പെടില്ല നേരെ മറിച്ച് മാനേജ്മെന്റിൽ അതിന് ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കുകയും വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്ത് ചെല്ലുന്നവരുടെ രോഗിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയാണ് കാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ രോഗി മരിച്ചു പോയാലും പാടുവെള്ളൂ വസ്തുതയാണോ ആവോ ഇതൊക്കെ നിങ്ങൾക്ക് അല്ലയോ ഞാൻ പറയാൻ മടിയില്ലാത്തതുകൊണ്ട് പറയുക തെറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ അനുഭവം തെറ്റാണ് സ്വാമിജി ഇത് ശരിയല്ല സ്വാമിജി പറയുന്നതൊക്കെ അവിശ്യോക്തിയാണ് ഇത് തുറന്ന് പറയാം പറഞ്ഞത് വള്ളിക്കൂ വിസർഗം വിടാതെ സത്യമാണെങ്കിൽ അംഗീകരിക്കാം മൂന്ന് ഡോക്ടർമാരെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം മൂന്ന് പേരെ ഞാൻ അറിയും അറിയുന്ന മൂന്ന് പേര് ഇവിടെ ഇരിക്കുന്നത് അവർക്കും പറയാം സാമിഖി പറഞ്ഞത് തെറ്റാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളുടെ പരിചയത്തിൽ പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇത് വിശ്വാസം അറിയൂട്ടിയാ മതി പിന്നെ നിങ്ങൾ ജനങ്ങളാ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കൂട്ടത്തില് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഡോക്ടേസ് മറ്റ് ഫീൽഡ് ഓഫ് നോളജിന്റെ മറ്റു രംഗങ്ങളിലുള്ളവരുണ്ട് നിങ്ങളുടെ ജീവിതാനുഭവത്തിന്ന് പറഞ്ഞാൽ മതി പറഞ്ഞത് തെറ്റാണ് ശരിയല്ല ഏ ശരിയാണ് അപ്പോ അങ്ങനെയാവുമ്പോ അത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ സ്വകാര്യ സ്വത്തമുണ്ട് ഇന്ത്യ മുഴുവനും ഓരോ ദേവതയെ ഏൽപ്പിച്ച് അങ്ങനെ ആ ദേവതയുടേതാണ് സ്വത്ത് തോന്നുമ്പോൾ എനിക്ക് സ്വന്തമായി സ്വത്തില്ല എന്റെ അനന്തയ്ക്ക് കുറവുണ്ടാവും ഭണ്ഡാരം മുഖ പാട്ടപ്പറമ്പിലാണ് കിടക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു പങ്കുകൊണ്ട് ദേവതയ്ക്ക് കൊടുക്കും ദേവതയാണ് എല്ലാ കാര്യവും ചെയ്യുക സത്യം കണ്ടെത്തുവാൻ കോടതിയിലേക്കല്ല പോവുക ദേവതയുടെ മുമ്പിലേക്കാ പോവുക ഇങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസ അധിഷ്ഠിതമായ ഒരു സമൂഹം ഉണ്ടായിരുന്നു പണ്ട് അമ്മ ജനിതകങ്ങളിലാണ് രോഗങ്ങളുടെ ആ മുഖ്യ ഹേതു എന്നുള്ളത് കൊണ്ട് ഓരോ തൊഴിലിനുമുള്ളവർ പൂർണമായും പരസ്പരം ആഹാരീഹാര മൈഥുനാദികളിൽ ബന്ധപ്പെടാത്ത വിധത്തിൽ അതീവ നിർബന്ധപൂർവമായ അകലം പുലർത്തിയിരുന്നു അതിനെ പിന്നീടുള്ള ബ്രിട്ടീഷ് ഡച്ച് പോർച്ചുഗീസ് ഫ്രഞ്ച് ഭരണങ്ങളുടെ കാലഘട്ടങ്ങളിൽ അന്ധവിശ്വാസമെന്നും അനാചാരമൊന്നും ഒക്കെ നമുക്ക് കൽപ്പിച്ചപ്പോൾ ആ കമ്പാർട്ട്മെന്റുകളൊക്കെ നാം പൊളിച്ചു കളയുകയും സാമൂഹ്യ വ്യവസ്ഥയെ കൂടുതൽ ആക്കുകയും ചെയ്തു ആ വ്യവസ്ഥയിൽ തൊഴിലുകൾ ജീവിത ക്രമങ്ങളിൽ പ്രശ്നമല്ല എന്നത് ധാരണ പാശ്ചാത്യമാതിരി നാം സ്വീകരിച്ചു ഒരു തൊഴിലിൽ പേശിയുടെ കോശങ്ങൾക്കാണ് ബലം കൂടുന്നതെങ്കിൽ മറ്റൊരു തൊഴിൽ മറ്റൊരു ഇന്ദ്രിയത്തിനാണ് ശക്തി കൂടുന്നതെങ്കിൽ വേറൊരു തൊഴിൽ വേറൊരു തരം ഹോർമോണിൻ്റെ കൂടുതൽ വരുന്നതെങ്കിൽ അത് പാരമ്പര്യമായി നിയതമായി പോകുമ്പോൾ അതിൻ്റെ സമ്മിശ്ര രൂപങ്ങൾ പലതരം രോഗങ്ങൾക്ക് കാരണമാകാം എന്ന് പ്രാചീന അനുഭവങ്ങളെ കൊണ്ടും ജീവിത രീതികളെ കൊണ്ടുപോയി വളരെ അൺഹൈജീനിക്ക് ആയിട്ടുള്ള തലങ്ങളിൽ തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടവരുണ്ട് വളരെ ഹൈജീനിക്കായിട്ടുള്ള തലങ്ങളിൽ തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടവരുണ്ട് അൺഹൈജീനിക് ആയിട്ടുള്ള നിലങ്ങളിൽ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനെ തടയുന്ന പരസ്പരം പോരടിക്കുന്ന ഒട്ടേറെ വൈറസുകളും അഭിപ്രായങ്ങളും ഇപ്പൊ ടൈപ്പ് വൺ ഡയബറ്റിസ് ഈ കരി ക്ലാസിൽ പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നു അതിനെ തടയുന്നതിൽ സ്നേക്ക് ഫീവറിന്റെ വൈറസ് നിർണായക പങ്കുവഹിക്കുന്നതാണ് മേരി കുക്ക് ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നു നടത്തിയ പഠനം അതിന് തെളിവാണ് അപ്പോൾ വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള തലങ്ങളിൽ ഉണ്ടാകുന്ന പല വൈറസുകളും അമീമകളും ബാക്ടീരിയകളും ഒട്ടേറെ ഓട്ടോ ഇമ്യൂണി ഡിസീസുകളെ തടഞ്ഞു വെച്ചിരുന്നു അത് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള പഠനങ്ങളിൽ നന്നായതോമാണ് ആധുനിക പഠനങ്ങളിൽ അപ്പോൾ പരസ്പരം ബന്ധപ്പെടാവുന്ന അത് സമൂഹം ഒന്ന് നിശ്ചയിച്ചിരുന്നു സാമൂഹ്യ വ്യവസ്ഥയിൽ അതിനെയാണ് ഭാരതീയർ വർണ്ണവ്യവസ്ഥ എന്നൊക്കെ അന്ന് പേരിട്ടത് തൊഴിൽപരമായ ഈ വർണ്ണവ്യത്യാസം കാലാന്തരത്തിൽ ജാതീയമായ ഈടുവയ്പ്പുകൾക്ക് ഒഴിമാറുകയും അത് ഐത്തത്തിന്റെയും അനാചാരത്തിൻ്റെയും രംഗപേരിയായി കാണുകയും അവയെ പൊളിച്ചു കളയുന്നതിന് സാമൂഹ്യ പ്രവർത്തകർ ആരോഗ്യശാസ്ത്രത്തെ വേണ്ടവിധം പഠിക്കാതെ മുന്നേറുകയും ചെയ്തപ്പോൾ പെട്ടെന്നുള്ള വ്യതിയാനം ഒട്ടേറെ നൂതനങ്ങളായ രോഗങ്ങൾക്ക് സാമൂഹ്യക്രമത്തിൽ വഴിവെച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രകാരന്മാർ ഈ രംഗത്തൊക്കെ എത്ര ശ്രദ്ധകളോടെ പഠിച്ചു എന്നുള്ളത് ഇനിയും കാര്യമാണ് ആധുനികതയുടെ ആവിർഭാവത്തിനു ശേഷം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മാത്രമാണ് ഈ മാരക രോഗങ്ങളെല്ലാം ഇന്ത്യയുടെ മണ്ണിൽ ഇത്രയേറെ വേര്പിടിക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്തത് ഒരു ഭാഗത്ത് പാരമ്പര്യ സാമൂഹ്യ വ്യവസ്ഥകളെ തകർക്കുവാനുള്ള സാഹിത്യവും മറുഭാഗത്ത് ജനങ്ങളുടെ ഹൃദയങ്ങളെ കവരുന്നതിനു വേണ്ടി ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നായക സങ്കല്പങ്ങളിലും നായിക സങ്കല്പങ്ങളിലും ചേർത്തു വെച്ചുകൊണ്ട് അവതരണം മനുഷ്യ മസ്തിഷ്കത്തിന്റെ അവബോധത്തിലേക്ക് രോഗത്തെ കുറിച്ചുള്ള അവന്റെ ഹോർമോണിന്റെയും അവന്റെ എൻസൈവുകളുടെയും പരിണാമത്തിന് വിധേയമാകുവാറ് സംക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ പ്രാചീനമായ സാമൂഹ്യ വ്യവസ്ഥകളെ തകർത്തെറിയേണ്ടുന്നതിൻ്റെ ആവശ്യകത അവന്റെ ബോധത്തിലേക്ക് സാഹിത്യം വഴി പകരുകയും ചെയ്തപ്പോൾ രണ്ടും ഒരുമിച്ച് നീങ്ങിയ പങ്കാളിലാണ് ഈ രോഗങ്ങളെല്ലാം നൂതന ഭാരതത്തിൻ്റെ രംഗവേദിയിൽ ഇത്ര ശക്തമായി തിരുവാതരപ്പെട്ടത് കേൾക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ഉൾക്കൊണ്ടുവന്നെനിക്ക് വിശ്വാസമില്ല പക്ഷെ നിങ്ങൾക്ക് ശങ്കയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ആയിരത്തി ഒക്കെ ഇറങ്ങിയ എല്ലാ പടങ്ങളിലും നായകനെന്ന നായികയും ക്യാൻസർ രോഗിയാണ് അന്ന് കേരളത്തിൽ ക്യാൻസർ കാണാനില്ല അന്ന് കൊട്ടകയ്ക്കകത്ത് നിന്ന് കരഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളുമാണ് പിന്നീട് ക്യാൻസറിൻ്റെ വിളക്കൂവായി വളർന്നത് അന്ന് അതിൽ ആഗ്രഹിച്ച മിക്കവാറും അടി നടന്മാരെല്ലാം ക്യാൻസർ ഒന്നാണ് മരിച്ചത് എൻ്റെ സുധീര കണക്കുകൾ നിങ്ങളുടെ അറിവുകളോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കാൻ മടിയുണ്ടാവും അതുകൊണ്ടുള്ള ഇരിപ്പായിരിക്കും ഇരിപ്പം തോന്നുന്നു വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും പണം കണ്ടിട്ടുള്ളവർ പടത്തെ ഓർക്കുന്നുവെങ്കിൽ അന്ന് കൊട്ടകളെ കണ്ണുനീർക്കളങ്ങളാക്കി മാറ്റിയത് മുഴുവൻ നായക സങ്കല്പത്തിലേക്കും നായിക സങ്കല്പത്തിലേക്കും ക്യാൻസർ കിടത്തിവിടാണ് കൊച്ചു കുട്ടികളെയും മറ്റും ആരക രോഗങ്ങൾക്ക് വിളകുവാക്കി അവസാനം എന്റെ കണ്ണമ്മയെ ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ചേച്ചിയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുന്ന അമ്മയുടെ ദിനരോധനത്തിൽ നിന്നാണ് കൊട്ടകയിൽ നിന്ന് കരഞ്ഞു നിലവടിച്ച് പെണ്ണുങ്ങളല്ലേ ഇറങ്ങി പോന്നിട്ടുണ്ട് ശരിയല്ല ഈ സമയത്തൊക്കെ നിങ്ങളുടെ കോശകോശാന്തരങ്ങളിലേക്ക് അറിവന്ന രൂപത്തിൽ ഒരു രോഗത്തെ നായികാ സങ്കല്പങ്ങളോടോ നായക സങ്കല്പങ്ങളോടോ നിങ്ങൾ ചേർന്ന് താതാപ്യം പ്രാപിച്ച് ആ രോഗം നിങ്ങളുടേതായി സ്വീകരിക്കുകയായിരുന്നുവോ അതല്ല അതാ നടൻ അഭിനയിക്കുന്ന ഒരു അഭിനയം മാത്രമാണെന്നും അങ്ങനെ ഒന്നില്ലെന്നും ഓർക്കുകയായിരുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ഉത്തരമെടുക്കുമോ കൊട്ടകയിൽ പോയിരിക്കുമ്പോ ആ കഥാപാത്രവുമായി താതാർത്ഥ്യം പ്രാപിച്ചാൽ പിന്നെ അവിടെ നടന്നില്ല താഥാർത്ഥ്യം പ്രാപിക്കുന്നില്ലെങ്കിൽ മുടക്കിയ കാശ് നഷ്ടവുമാണ് പ്രാപിച്ചാൽ നിങ്ങൾ രോഗിയായിട്ടാണ് അവിടെ ഇറങ്ങിപ്പോരുന്നത് ഞാൻ നിങ്ങൾക്ക് ഊരുണ്ടോ ഇല്ലോ എന്ന് ചോദിച്ചില്ല ഞാൻ നിന്റെ പഠനം നിങ്ങളുടെ മുന്നിൽ വെച്ചു എന്നേ ഞാൻ വെച്ച പഠനം മനഃശാസ്ത്രത്തിൻ്റെയും ന്യൂറോളജിയുടെയും പശ്ചാത്തലത്തിനൊരു സാഹിത്യത്തെ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാനാവില്ല ശബ്ദസ്പർശ രൂപരസഗന്ധാതി വിഷയങ്ങളിലൂടെ ഇന്ദ്രിയങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്ന വിഷയങ്ങളെ മസ്തിഷ്കപരീകാതെ ദേശത്ത് കൈപ്പോത്തലാമസിലെത്തിച്ചു കഴിഞ്ഞ് അത് ന്യൂറോണുകളുടെ സ്വപ്ന ലോകങ്ങളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ആ ന്യൂറോണുകൾ അസ്വതന്ത്രങ്ങളായിത്തീരുകയും സ്വേച്ഛയില്ലാതാവുകയും ചെയ്യുമ്പോൾ അവയുടെ ആന്ദോളനം ശരീരത്തിലാകെ ഉണ്ടാകുന്നതാണ് എല്ലാ മാനവ ന്യൂറോളജി അതിൻ്റെ അർദ്ധാന്തരന്യാസങ്ങളിൽ നിങ്ങൾ ഉൾക്കൊള്ളുമെങ്കിൽ മനുഷ്യൻ പൂർണ്ണമായും അസ്വതന്ത്രനാണ് സ്വേച്ഛ അല്ലെങ്കിൽ ഫ്രീവിൽ എന്നൊന്നില്ല സ്വേച്ഛ അല്പം പോലും ഇല്ലെങ്കിൽ ഫ്രീവില് ഇല്ലെങ്കിൽ മാനവൻ പൂർണ്ണമായും അസ്വതന്ത്രനാണെങ്കിൽ അവന് ഫ്രീവില് ഇല്ലാതാകുന്ന അവസ്ഥയിൽ അവനിൽ സംജാതമാകുന്ന ഭാവ പ്രത്യയങ്ങൾ അവന്റെ മസ്തിഷ്ക പര്യങ്കാതര ദേശത്തു നിന്നാണെങ്കിൽ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന വിഷയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് അവന്റെ മുന്നേറ്റത്തിന് നന്മയ്ക്കും അത്യന്താപേക്ഷിതമാണ് ഈ വ്യവസ്ഥാപിത രീതികളിൽ ഇതുകൊണ്ടാണ് പ്രാചീന ഹിംസയെയും സ്നേഹത്തെയും അന്യഥാകാമത്തെയും പൈശുനത്തെയും വരുഷത്തെയും അനർധത്തെയും സമ്പന്നാലാഭത്തെയും വ്യാപാരത്തെയും അവിധിയെയും ദൃഗ്വിപര്യത്തെയും കണ്ടെത്തി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ വർണ്ണാഹമായ ജീവിതരംഗങ്ങളിൽ ഇവ വക്കും പാപങ്ങളായല്ല പുണ്യങ്ങളായാണോ നേരോട്ടം നടത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി സ്വകാര്യ സ്വത്ത് അനുവദിക്കുന്ന സമൂഹം രോഗാതുരമായ ഒരു ആതുര സംസ്കാരത്തിന്റെ സമൂഹം തന്നെയാണ് ഗ്രീക്ക് മിത്തോളജിയോളം പഴക്കമുള്ള വൈദിക സംസ്കൃതിയോളം പഴക്കമുള്ള ക്യാൻസർ എന്ന രോഗം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ വേണ്ടത്ര പുകയില ഉപയോഗിച്ചിട്ട് പോലും ഇന്ത്യയെ രസിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ചരിത്രവും മനഃശാസ്ത്രവും ജീവിത ദർശനങ്ങളും സാമൂഹ്യ വ്യവസ്ഥയും ചേർത്ത് വെച്ച് ഉൽപ്രതിഷ്ഠുക്കൾ പഠിച്ചു നോക്കേണ്ടതാണ് അങ്ങനെ റിസർച്ച് നമുക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം നാളിതുവരെ ഞാൻ ഈ പറയുന്ന നിമിഷം വരെ ഉള്ളതായി കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം നാളിതുവരെ അങ്ങനൊരു പഠനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലെല്ലാം ഏത് അതിഥി ഒരു ചെല്ലവും അതിൽ നിറച്ച് മുറുക്കാനും ഉണ്ടായിരുന്നു പലരും ഉപയോഗിച്ചിരുന്നത് വടക്കമ്പുകയിലയാണ് ഇന്നെല്ലാ വീടുകളിലും ആ ചെല്ലം നല്ലപോലെ തേച്ച് മിനിക്ക് ഷോക്കേസിൽ വെച്ചിരിക്കുക ഷോക്കേസിൽ ചെല്ലം എത്തിയപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ക്യാൻസർ സർവ്വസാധാരണമാവുകയും അതിൽ നിറച്ച് മുറുക്കാനുമായി മുറുക്കി മണിപത്തടിപ്പത് വരെ ബ്രഹ്മസ്വഠമായതിന്റെ പടിയിൽ പൂർണാനുബോധം പരബ്രഹ്മം കണ്ടകളുന്ന ഗൺമണി മഹൻ നമ്പൂരിയെ കണ്ട കാലത്തൊന്നും ഈ രോഗമുണ്ടായിരുന്നില്ല മനസ്സിലായില്ല ഏ ശരിയല്ല ചരിത്രവും ശാസ്ത്രവും ചരിത്ര ശാസ്ത്രവും വിരുദ്ധമായി വരുമ്പോൾ ശാസ്ത്രത്തെ അന്ധവിശ്വാസികൾ കെട്ടിപ്പിടിക്കുന്നു ചരിത്രത്തെയും അനുഭവത്തെയും അന്ധവിശ്വാസികൾ തള്ളിക്കളയുന്നു നിങ്ങൾ ഇതിൽ ഏലപ്പെടുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഒട്ടേറെ എതിർപ്പുകൾ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞിട്ട് മുമ്പ് ഇണ്ടാതിരിക്കുന്നതാണ് എനിക്ക് ആ ഒരു അനുഭവം ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് അവർ തോന്നാൻ പറയും വിഷു കടുത്ത നിസ്സംഗത ഇത് എനിക്ക് തന്നെ സഹിക്കാവുന്നതായിട്ടല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞു അനുഭവമില്ലാതെ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ മുറുക്കാനില്ലാത്ത വീടുകളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നില്ലായിരുന്നു അറുപതുകൾക്ക് മുമ്പിൽ മുറുക്കെ ഇല്ലാതിരുന്ന അച്ഛനമ്മമാരുടെ മുറുക്കേ ഇല്ലാതിരുന്ന അമ്മാവന്മാരുടെ മുറുക്കെ വീട്ടിൽ കയറ്റിയിട്ടില്ലാത്ത വീടുകളിൽ നിന്ന് ഒന്ന് കൈമൊക്കിയാലും ഇല്ല ഞങ്ങളുടെ പാരമ്പര്യമായി ഞങ്ങളുടെ വീട്ടിൽ ആരും മുറുക്കിയിട്ടില്ല പുകയില വീട്ടിൽ കേറ്റിട്ടില്ല എന്ന് പറയാറുള്ളത് ഞാൻ പറഞ്ഞത് ഇല്ലാത്തവർ കൈവോക്കാനാണ് ഇപ്പം മുഴുവൻ വീട്ടിലുണ്ടായിരുന്നു നിങ്ങളുടെ ഓർമ്മയിൽ അറുപത്തൊന്നുകൾക്ക് മുമ്പ് എത്ര കവിളിൽ ക്യാൻസർ ഒന്ന നാവിൽ ക്യാൻസർ ഒന്ന ലങ്സിൽ ക്യാൻസർ ക്യാൻസർസിൽ ക്യാൻസർസിൽ ക്യാൻസർ ഒന്ന എത്ര പേരെ നിങ്ങളത് കണ്ടിട്ടുണ്ട് അറുപതുകൾക്ക് മുമ്പ് അറുപതുകൾക്ക് മുമ്പ് ജനിച്ചവരെന്നെ കേൾക്കുന്നില്ല നിങ്ങളൊക്കെ അറുപത് കഴിഞ്ഞ് മുമ്പുള്ളവരാണ് എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ചെല്ലുമൊക്കെ ഷോക്കേസിലായി ഇതൊക്കെ നിർത്തി സ്റ്റാൻഡർഡൈസ് ചെയ്ത ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി ശാസ്ത്രത്തെ പുലുകി ജീവിക്കാൻ തുടങ്ങി ക്യാൻസർ വന്നാൽ എയർലി ഡിൻറ്റക്ഷന് ഇടപാടായി രക്ഷപെടാൻ നൂറുകണക്കിന് കരുതലുകൾ എടുത്തു രോഗം വന്നു എന്ന് പറയണമോ രോഗം പോയി എന്ന് പറയണോ ഏ വിദേശ ഭരണത്തിന്റെ ആഗമനം കൊണ്ടുവന്ന സ്വകാര്യ സ്വത്തും അതിനുമ്പ സ്വകാര്യ സ്വത്ത് ഞാൻ പറഞ്ഞത് തെളിവുകളിൽ ഞാൻ പറഞ്ഞത് ആദ്യമായി സ്വകാര്യ സ്വത്ത് ഉണ്ടാകുന്നത് വിദേശ ഭരണത്തിന് ശേഷം രാജാക്കന്മാർക്ക് പോലും സ്വകാര്യ സ്വത്ത് ആതുര സംസ്കാരത്തെ വളർത്തുന്നതിൽ നിന്നായിട്ട് പങ്കുവഹിച്ചു ഇന്നത് വളർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം അതിന്റെ ഉപോത്പന്നങ്ങളാണ് അസൂയയും കുശുങ്കുമെല്ലാം കുടുംബങ്ങളിലായാലും സമൂഹങ്ങളിലായാലും കൊലപാതകത്തിനും അതായത് ഹിംസയ്ക്കും കളവിനും ചതിക്കുമെല്ലാം സ്വകാര്യ സ്വത്താവകാശം വഴി വരുന്നു തന്നെയാണ് ശരിയല്ല പ്രാചീന സമൂഹം എത്ര ഉയർന്നതായിരുന്നുവെന്നും ആധുനിക സമൂഹം എത്ര വിശലിപ്തമാണെന്നും ഇത് മാത്രമേ ചിന്തിക്കാവുന്ന സ്വകാര്യ സ്വത്തിലും സത്യധർമാധികൾ പ്രഭാഷണങ്ങളിലും ഗ്രന്ഥങ്ങളിലും മാത്രമായിരിക്കും ആലോചിച്ചു പറഞ്ഞു അവ ആദര സംസ്കൃതിയെ വളർത്തുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും അവ വിനാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്ന് നാം എല്ലാം എത്ര വിനാശം വന്നാലും എത്ര നാശം വിതച്ചാലും അത് അനിവാര്യമാണ് എന്നതിൽ നിന്നും നമ്മളെ മനസ്സിന് മാറ്റമില്ല ശരിയല്ല എന്നെയാകെ സംഘർഷത്തിലാക്കുക നിങ്ങളുടെ ഇരിപ്പ് നിങ്ങളുടെ ഇരിപ്പാണ് എന്നെ സംഘർഷത്തിലാക്കുന്നത് നിങ്ങളിപ്പോ ഇവിടെ വെച്ച് ചിന്തിക്കാൻ തുടങ്ങിയുള്ളൂ എന്ന് തോന്നും പെട്ടെന്ന് ഒരു പറയാൻ പറ്റില്ല പ്രിപ്പയർ ചെയ്ത് പറയണമെന്ന് തോന്നും അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒരു ഉൾക്കൊള്ളാൻ ശരിയല്ല വിഷമമില്ല കാര്യം എളുപ്പമാണ് ഒരു വീട്ടിൽ അച്ഛനും മക്കളും ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് ഓരോരുത്തരുടെയും രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ രണ്ട് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോ ഒന്നാമത്തെ കുട്ടിക്ക് അമ്മ കുട്ടിക്ക് തൊഴിലില്ലാത്തപ്പോഴും പഠിക്കുകയായിരിക്കുമ്പോഴും അൻപത് രൂപ സഞ്ചയി കയിലിട്ട് കഴിഞ്ഞ് അച്ഛൻ രണ്ടാമത്തെ കുട്ടിയോട് പ്രിയാൻ തോന്നി അറുപത് രൂപ സഞ്ചയിക്കയിലിട്ട് കഴിഞ്ഞാൽ അതാ കുട്ടികളെ വളർത്തുന്ന കുട്ടികളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന മത്സരവൃദ്ധിയുടെ സമൂഹത്തിൽ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണെന്ന് അച്ഛനെയും അമ്മയെയും ഗവൺമെന്റുകളും വിദ്യാഭ്യാസ വിചക്ഷകന്മാരും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ ഹോർമോണുകളുടെയോ കുട്ടികളുടെ എൻസൈവുകളുടെയോ കുട്ടികളുടെ സെൻട്രൽ നർവ സിസ്റ്റത്തിന്റെയോ കുട്ടികളുടെ പക്ഷികളുടെയോ പരിണാമം എന്താണെന്ന് വൈദ്യശാസ്ത്രം നിർണ്ണയിക്കാറില്ല ഇതാണ് കുട്ടികളുടെ നിലയിലേക്ക് മുതിർന്നവരുടെ നില എന്താണ് മനസ്സിലായില്ല ില്ല അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ സ്വത്തും കാപ്പറ്റലിസവും ആതൊരു സംസ്കാരത്തെ മാത്രമേ പ്രധാനം ചെയ്തിട്ടുള്ളൂ പ്രധാനം ചെയ്യുന്നുള്ളൂ പ്രധാനം ചെയ്യൂ ഇത് വളരെ പ്രാചീനമായി അറിഞ്ഞവരാണ് ഭാരതീയ വൈജ്ഞാനികം അതുകൊണ്ട് രാജാവിനെ പോലും സ്വത്തിൻ്റെ ഉടമയായി അവർ മാറ്റിയില്ല ഭണ്ഡാരത്തിന്റെ വകയായിരുന്നു സ്വത്ത് അതിന്റെ വാർത്തപ്പറമ്പിൽ കടന്നാമതി രാജാവും ജനങ്ങളും എല്ലാം ദേവതയോ എന്നും മൈനർ നിയമപരമായി മൈനറുള്ള സ്വത്താർക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല എത്ര കാലം കരുതാമിച്ചാൽ ബ്രിട്ടീഷ് ആഗമനത്തിന് ശേഷം പോർച്ചുഗീസ് ആഗമനത്തിന് ശേഷം ഡച്ച് ആഗമനത്തിന് ശേഷം അതിനുമ്പില്ല ആദ്യത്തെ റെക്കോർഡിൽ നിന്ന് എനിക്ക് തായക്കാട്ട് ഉണിക്കണം ഇന്നും അല്പം മെനക്കെടാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അതെന്റെ വിഷയമല്ല വൈദ്യശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതല്ല എങ്കിലും ആ സംശയം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കറങ്ങുന്നത് എനിക്കാകെ പഠിപ്പിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്ക് റൂട്ടിൽ സംശയം വരുന്നതുകൊണ്ട് തിരുവനന്തപുരം പൂജപ്പുരം വരെ പോയത് അവിടെയാണ് പണ്ടാരം പുകപ്പാട്ടം സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് പൂജപ്പുര ഭണ്ഡാരോഗപ്പാട്ടം സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസിലാണ് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല നേരെ അവിടെ പോയാൽ മതി കോടതിയിൽ ഇന്നും കേസ് കൊടുത്താൽ ആ കത്തിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഓഫീസേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഏ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് മുക്കാറുണ്ട് മുക്കാത്തതൊക്കെ അവിടെ കാണാം ം കണ്ടില്ലെന്നോ വിളിച്ചാൽ അതിന് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഏത് ക്ഷേത്രത്തിന്റെ പേരിലുള്ള ഭൂമിയുടെയും റിക്കാർഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും ആ റിക്കാർഡിനെ ഒലംപിച്ച് നിങ്ങൾ കോടതിയിൽ പോയാൽ കോടതി നിങ്ങൾക്ക് വിധിച്ചു തരികയും ചെയ്യും ആ ഭൂമി ദേവതയുടേതാണ് തിരിച്ചു പിടിച്ചോളാൻ പക്ഷെ എക്സിക്യൂട്ടീവ് താൻ തരില്ല കുട്ടികൾ ദേവസ്വത്തിന്റെയും കുറ്റിയാണിക്കുളങ്ങര ദേവസ്വത്തിന്റെയും ഒക്കെ ഭൂമി കോടതി അടുത്ത കാലത്താണ് പാലായില് വിളക്കുമാടം വിളക്കുമാടൻ ക്ഷേത്രത്തിന്റെ അനുഗ്രഹിച്ചത് കോടതി ഇരിച്ചത് അതിനെ നാട്ടുകാർ കുറച്ചുപേരും കൂടി ഒരു ദിവസം ഇറങ്ങി അങ്ങ് വിലക്കുകയുണ്ടായി എന്നിട്ട് അവര് ചുറ്റോടു ചുറ്റും വെയിലും കെട്ടി പിന്നെ ചെയ്യാൻ പറ്റില്ല കോടതി രണ്ടാമത് സ്റ്റാറ്റസ് ഗോ മെയിൻറ്റൈൻ ചെയ്യാൻ പാടില്ല സ്റ്റാറ്റസ് ഗോ മെയിന്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പുതുതായിട്ട് കയ്യേറിയവർ അവകാശികളാണെന്ന് മെയിൻ്റെ ക്ഷേത്രമാണ്യിരിക്കുന്നത് അനുകൂലമായ വിധി സ്റ്റാറ്റസ് കോഴി ക്ഷേത്രത്തിൻ്റെതായി കാരണം എല്ലാ ക്ഷേത്രത്തിലെ ദേവതയും മൈനറാണ് ഇന്ന് കോടതിയിൽ പോയാൽ വിധി അനുകൂലം തന്നെയാണ് അതാണ് കോടതിയും എക്സിക്യൂട്ടീവും ഒരേ മുഖത്തിലല്ല വക്കീലന്മാർക്ക് സാമർഥ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കമ്മിറ്റിക്കരെ ഒരുപാട് കേസ് കളിപ്പിക്കാവുന്ന കാലമാണ് പക്ഷെ പലപ്പോഴും കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ സ്വത്തും അതാണ് ഇതിനകത്തെ പരിതാപകരമായ അവസ്ഥ അത് നമ്മുടെ വിഷയമല്ലാതെ വേറൊരു സാമൂഹ്യ തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ വിഷയത്തിൽ കൂടാന്ന് പോകും എന്തായാലും സാമൂഹ്യ വ്യവസ്ഥയിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഈ പത്ത് പാപങ്ങളുടെ വെള്ളഭൂമിയാണ് അതൊക്കെ സമ്മതമാകുമെന്നെനിക്ക് തോന്നുന്നു ഹിംസ ധനം ഹിംസയിൽ മുഖ്യ പങ്കുവഹിക്കുന്നതായതുകൊണ്ട് ധനത്തിൻ്റെ സ്വകാര്യ ഇടപാടുകളെല്ലാം ഹിംസയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നതായതുകൊണ്ട് എത്രത്തോളം പ്രേഷണം എത്രിക്ഷണം ഇന്ത്യയിൽ വികസിക്കുന്നു അത്ര കണ്ട് ഭീകര പ്രവർത്തനവും ഇന്ത്യയിൽ ഉണ്ടാവും ശരിയല്ല ശരിയല്ല തടയാനാവില്ല ഒരു പോലീസിനും ഒരു പട്ടാളത്തിനും ഒന്നും തടയാനാവില്ല മതന്യൂനപക്ഷങ്ങളായാലും മതഭൂരിപക്ഷങ്ങളായാലും പൗരോഹിത്യത്തിൻ്റെയും സ്വകാര്യ സ്വത്തിൻ്റെയും വികാസ പരിണാമങ്ങൾ കൂടി വരുമ്പോൾ ഭീകര താണ്ഡവം അനിവാര്യമാണ് അതിനെ ശുചിപ്പറ്റി വരുന്ന രോഗങ്ങളും ആതുര സംസ്കാരവും നിശ്ചയവുമാണ് അത് അത് രണ്ടാമത്തെ കാര്യമാണ് ഇത് സത്യമാണെന്ന് ആദ്യം മനസ്സിലായോ എന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെ നിങ്ങൾ അതിനും ചിന്തിച്ചിട്ടില്ല ആ രംഗങ്ങളിലൊക്കെ ആതുര സംസ്കാരം പൂർണ്ണമാണ് പറഞ്ഞതല്ല മനസ്സിലാക്കുന്നു എവിടെ എവിടെ പ്രമുഖന്മാരും മാഡപ്പിമാരും ഏതെല്ലാം കാലങ്ങളിൽ വികസിച്ചിട്ടുണ്ടോ ആ രംഗവേദികളെല്ലാം ആ ഒരു സംസ്കാരത്തിന്റെ വിളഭൂമിയാണ് ശങ്കൊന്നും വേണ്ട നമ്മൾ പറഞ്ഞ വിഷയത്തെ സാധൂകരിക്കുന്നേ ഉള്ളു ഞാൻ ആദ്യം പറഞ്ഞല്ലോ വിദേശ ശക്തികൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് സ്വത്വ ദേവതയുടേതായി നിലനിന്നിരുന്ന കാലങ്ങളിൽ ഭണ്ടാരബോധ പാട്ടഭൂമിയിലാണ് എല്ലാവരും താമസിക്കുന്നത് രാജാവ് അപ്പൊ നിങ്ങൾ കൊള്ളമൊക്കെ എടുത്തു സുഖമായി അനുഭവിക്കണം നിങ്ങളുടെ നല്ലത് എന്ന ബോധം എപ്പോഴും ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതിന്റെ നല്ല ഭാഗം അവിടെ കൊണ്ടുപോയി സമർപ്പിക്കണം നിങ്ങളോട് പിടിച്ച് പോലീസ് വാങ്ങാം ടാക്സ് വാങ്ങുകയല്ല നിങ്ങൾ ഉണ്ടാക്കിയതിലെ ഏറ്റവും നല്ലത് കൊണ്ടുപോയി അവിടെ അളവുകൊടുക്കുകയാണ് ദേവൻ അപ്പോൾ നിങ്ങൾ തന്നെ സാമാന്യ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ് ആ ദാരിദ്ര്യം ആ സംസ്കാരത്തെ ഒഴിച്ചു ആ ദാരിദ്ര്യം രോഗങ്ങളുടെ വിളക്കൂവായിരുന്നില്ല ആ ദാരിദ്ര്യം ഒരേ ആഹാരം കഴിക്കാൻ നിർബന്ധിതമായിരുന്നു ആ ദാരിദ്ര്യത്തിൽ സ്റ്റാർച്ച് മാത്രം കഴിക്കുമ്പോഴും ആവശ്യമായ കൊഴുപ്പും ആവശ്യമായ പ്രോട്ടീനും എവിടെ കിട്ടിയത് ആ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ കൊഴുപ്പ് മാത്രം കഴിക്കുമ്പോൾ സ്റ്റാർച്ചും പ്രോട്ടീനും എവിടെ നിന്നാണ് കിട്ടിയത് ആ കാലഘട്ടങ്ങളിൽ പ്രോട്ടീൻ മാത്രം കഴിച്ച് ജീവിച്ചവന് ആവശ്യമായ സ്റ്റാർച്ചും കൊഴുപ്പും എവിടെ നിന്നാണ് കിട്ടിയത് ഇന്നത്തെ പോലുള്ള കച്ചവട സംഘങ്ങളില്ല ഇറക്കുമതി കയറ്റുമതി മുതലായവയില്ല മലപ്രദേശങ്ങളിൽ ഇന്നത്തെ തീരപ്രദേശങ്ങളിലേക്ക് പോകാൻ ഇത്ര വേഗത്തിലുള്ള റോഡുകളും വാഹന ഉണ്ടായിരുന്നില്ല മലപ്രദേശങ്ങളിൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഒക്കെ തന്നെ നിന്നു തീർക്കുകയല്ലാതെ അത് കൊണ്ടു കൊടുത്തിട്ട് വേറൊരു തീരപ്രദേശത്തുള്ള വാങ്ങിക്കുതിരാവുന്ന വ്യവസ്ഥകൾ മലപ്രദേശങ്ങളിൽ കിട്ടുന്ന സ്റ്റാർച്ച് മാത്രമുള്ളവയാണെങ്കിൽ കപ്പയും ചക്കയും ഒക്കെ സ്റ്റാർച്ചാണ് ചക്ക കുരുവും സ്റ്റാർച്ചാണ് പഴങ്ങളൊക്കെ സ്റ്റാർച്ചാണുള്ളത് ശരിയല്ല മധ്യമേഖലയിലേക്ക് വന്നാൽ പയറും പരിപ്പും സോയാബീനും ഒക്കെ അടങ്ങുന്ന ലോകം പ്രോട്ടീൻ്റെ ലോകമാണ് ശരിയല്ല തീരദേശങ്ങളിലേക്ക് വന്നാൽ മത്സ്യവും മറ്റും കൊഴുപ്പിന്റെ ലോകമാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആഹാരം കഴിക്കുമ്പോൾ മത്സ്യം ഓരോ നേരവും അകത്തേക്ക് ചെല്ലുന്ന ബംഗാളിലെ തീരപ്രദേശങ്ങളിലെ ബ്രാഹ്മണർ വരെ മത്സ്യം കഴിക്കുമ്പോൾ ബ്രാഹ്മണ്യം എന്നതൊരു ഇന്ത്യയുടെ ചരിത്രം തെളിയിക്കുകയാണ് മനസ്സിലായില്ല കാരണം ഗംഗയുടെ തീരങ്ങളിൽ മത്സ്യമേന്ന് സുലഭമുള്ളൂ ബ്രാഹ്മണൻ ആയതുകൊണ്ട് മത്സ്യം കഴിക്കാതിരുന്നാൽ അവർ ചെത്തുപോകും അല്ലെങ്കിൽ അവർ പാരമ്പര്യമായി മത്സ്യം കഴിക്കുന്നവരായി തീരേണ്ടതല്ല മറ്റു ദേശങ്ങളെ അവരച്ച് നോക്കിയാൽ അപ്പോൾ വസിക്കുന്ന ദേശത്തിന്റെയും ചെയ്യുന്ന അടിസ്ഥാനത്തിലുള്ള ഒരു വ്യവസ്ഥതയും ഒരാഹാര രീതിയും അത് സമൂഹത്തിലുണ്ട് ഒരുവൻ കഴിക്കുന്ന സ്റ്റാക്സ് കാർബോഹൈഡ്രേറ്റ് അതവന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് അടിപൊളികളിൽ സൂക്ഷിക്കുന്നത് ആ സ്റ്റാർസിനെ കൊഴുപ്പാക്കി മാറ്റിക്കൊണ്ടാണ് ശരി ഞാൻ കഴിക്കുന്ന സ്റ്റാർസിനെ മുഴുവൻ മലപ്രദേശങ്ങളിൽ കൊഴുപ്പാക്കി മാറ്റുവാനുള്ള ഒരു പ്രക്രിയ എന്റെ കോശകോശാലങ്ങളിൽ ജനിതക സ്മൃതിയായി കിടക്കുമ്പോൾ തീരപ്രദേശത്ത് നിന്നുകൊണ്ടൊന്ന് കൊഴുപ്പ് നേരിട്ട് കഴിക്കുന്ന എങ്കിൽ സ്റ്റാർച്ചിനെ കൊഴുപ്പാക്കി മാറ്റുന്ന പ്രക്രിയ ഉണ്ടായിരിക്കെ കൊഴുപ്പാക്കി മാറ്റാൻ തുടങ്ങിയാൽ അതെന്റെ ആവാസ വ്യവസ്ഥയെയും എൻ്റെ സ്ഥൂല സൂക്ഷ്മകരുടെ ശരീരങ്ങളെയും എൻ്റെ പ്രാണാതികളുടെ പ്രവർത്തനങ്ങളെയും എങ്ങനെ വികലമാക്കുമെന്ന് ആധുനികന് പഠനമില്ല എന്നെ കേൾക്കുന്നവര് വൈദ്യശാസ്ത്ര വിശാലന്മാരുള്ളതുകൊണ്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും കാർബണും ഹൈഡ്രോജനും ഓക്സിജനുമാണെന്നും പ്രോട്ടീനും മാത്രം അല്പം നൈട്രോജനും കൂടെ ഉണ്ടെന്നും അവർ സമ്മതിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ജനങ്ങൾ ശരിയല്ല നിങ്ങളും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനം കാർബോഹൈഡ്രേറ്റും ആയാലും പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഇതിൻ്റെ പ്രധാന പ്രയത്വ ഘടകങ്ങൾ ഒപ്പം പ്രോട്ടീനിൽ മാത്രം കുറച്ച് നൈട്രജൻ ഉണ്ടാവും ശരിയല്ല ഇതാണ് നിലയെങ്കിൽ എന്തിനാണ് മനുഷ്യൻ ഇത്ര കാർബോഹൈഡ്രേറ്റ് ഇത്ര പ്രോട്ടീൻ ഇത്ര ഫാറ്റ് എന്ന നിലയിൽ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നത് വ്യവസ്ഥാപിത സമൂഹങ്ങളെ നീ ഇത്ര ഫാറ്റ് കഴിക്കണം ഇത്ര പ്രോട്ടീൻ കഴിക്കണം ഇത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കണമെന്ന് ശാസ്ത്രീയമായി തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട സംഘങ്ങൾക്ക് പ്രാധാന്യമുണ്ടാക്കുകയും മറ്റ് ദേശങ്ങളിൽ ഉണ്ടായ സാധന സാമഗ്രികളെ ഇല്ലാത്ത ദേശങ്ങളിലേക്ക് കടത്തിക്കൊണ്ടിരുകയും അത് കാലം നിലനിൽക്കുന്നതിന് വേണ്ടി വിഷവസ്തുക്കൾ കലർത്തുകയും ആ വിഷങ്ങൾ അവ കഴിച്ചാൽ വേണ്ടത്ര ദഹന വ്യവസ്ഥ ശരിയാകാത്ത സമൂഹങ്ങളെ മാറ്റിമറിക്കുന്നതിലൂടെ അവയുടെ ജനിരങ്ങളിൽ വൈകല്യം യും ചെയ്യുന്നുവർക്കറിഞ്ഞുകൂടാ കിഴക്കൻ മേഖലയിലെ സ്റ്റാർച്ചുള്ള പദാർത്ഥങ്ങൾ അത്രയും വണ്ടിയിൽ കെറ്റി പടിഞ്ഞാറൻ മേഖലകളിലെ കൊഴുപ്പുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നേരിട്ട് കൊഴുപ്പ് ആകിരണം ചെയ്ത് കൊഴുപ്പിനെ ിൽ ആവശ്യഘട്ടങ്ങളിൽ അവയെ വീണ്ടും പ്രോട്ടീൻ അപ്പിയോ രൂപാന്തരപ്പെടുത്തി ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനമുള്ള ജനിതകങ്ങളോടുകൂടിയ ജീവനെ വികലമാക്കുന്ന ശാസ്ത്രത്തിന്റെ രീതി വിധാനവും കച്ചവട സംഘ സംഘട സംഘങ്ങളുടെ പെരുമാറ്റ വിശേഷവുമാണ് ആധുനിക രോഗങ്ങളുടെ ഋടഭൂമി അത് അത്രയും സ്വകാര്യ സ്വത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും സംഭാവനയാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം പറയാൻ എനിക്ക് എളുപ്പമാണ് മനസ്സിലാകാൻ എനിക്ക് അത്ര പറ്റുന്നെനിക്കറിയില്ല എനിക്ക് മനസ്സിലായത് കൊണ്ടുപോണം ശരിയല്ല ആധുനിക രോഗങ്ങളുടെ ആവിർഭാവങ്ങളിൽ പുകയിലെയും മറ്റ് ക്യാൻസറോജനിക് പദാർത്ഥങ്ങൾ നമ്മളെല്ലാം ജീവിക്കുന്ന ക്യാൻസറോജനിക് പദാർത്ഥങ്ങളുടെ മധ്യത്തിലാണ് നമ്മളെ എല്ലാ പേരെയും ഇത് കയറി പിടിക്കുന്നില്ല ജനിതക നിന്ന് ഈ രോഗങ്ങൾ ഉണർന്നു വരുന്നത് അത്രയും സൈക്കോളിസിന് ഈ സംസ്കൃതിയാലാണ് ഇതാണ് പറഞ്ഞതിന്റെ രത്ന ചുരുതം പഠിക്കുമ്പോൾ അതിന്റെ സാമൂഹിക തല അപ്പോ രോഗിയെ കാണുമ്പോൾ അവന്റെ പശ്ചാത്തലം നല്ലതുപോലെ പഠിച്ചിട്ട് അവൻ്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും കഴിച്ച ആഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ എന്തെല്ലാം കഴിക്കുന്നുവെന്നും അവനേതെല്ലാം ജീവിത ക്രമങ്ങളിൽ പെട്ടുപോകുന്നുവെന്നും അവൻ്റെ പുതിയ തൊഴിൽ അച്ഛനമ്മമാർ ചെയ്ത തൊഴിലിൽ നിന്ന് അത്ര ദൂരം വിയോജിപ്പുള്ളതാണെന്നും നോക്കിയിട്ട് അവയെ മാറ്റിമറിക്കുവാൻ തയ്യാറാകുന്ന ഒരു ചികിത്സാരീതി ഉണ്ടെങ്കിൽ നൂറ് രോഗിയെ രക്ഷിക്കാൻ എളുപ്പമാകുമെന്നാണ് പറഞ്ഞതിൻ്റെ സാരം ും എടുത്താൽ അതാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് അതിന്റെ ആമുഖമായി പറഞ്ഞത് അകാലമായൊരു വാർത്തക്യത്തിലേക്ക് രോഗി എത്തിച്ചേരുന്ന അനേജിംഗ് പ്രോസസ് അവിടെയാണ് സുശ്രുതനെ ഉദ്ധരിച്ചുകൊണ്ട് വൃത്തം സ്ഥിരം ം വരവാണ് എന്ന് പറഞ്ഞത് അതിനെ അവലംബിച്ചാണ് പറഞ്ഞത് ഇത് വാർ നമ്മുടെ വിഷയമല്ലത് നമ്മുടെ വിഷയം സ്വകാര്യ സ്വത്ത് വരുമ്പോൾ ഹിംസയ്ക്ക് പ്രാധാന്യം കൂടും സ്വകാര്യ സ്വത്ത് വരുമ്പോൾ സ്ത്രേയ കളവിന് പ്രാധാന്യം കൂടും സ്വകാര്യ സ്വത്ത് വരുമ്പോൾ അന്യഥാതമം ലൈംഗിക ദുരാചാരങ്ങൾക്ക് പ്രാധാന്യം കൂടും ഈ മൂന്നെണ്ണം രോഗമൂലമാണ് ഉദാഹരണം കൊണ്ട് പറഞ്ഞു ഒരു തരത്തിലും മനസ്സിലായിട്ടില്ല